ം മുപ്പത്തി ആ കാലത്ത് ബലദാന്റെ മകനായ മെരോദക് ബലദാൻ എന്ന ബാബൽ രാജാവ് ഹിസ്കിയാവിന് രോഗം പിടിച്ചിട്ട് സുഖമായി എന്ന് കേട്ടതുകൊണ്ട് അവന് എഴുത്തും സമ്മാനവും കൊടുത്തയച്ചു ഹിസ്കിയാവ് അവരെക്കുറിച്ച് സന്തോഷിച്ച് തന്റെ ഭണ്ണാരഗ്രഹവും പൊന്നും വെള്ളിയും സുഗന്ധവർഗവും പരിമള ആയുധശാലയൊക്കെയും തന്റെ ഭണ്ണാരത്തിലുള്ള സകലവും അവരെ കാണിച്ചു തന്റെ രാജധാനിയിലും തന്റെ ആധിപത്യത്തിൽപ്പെട്ട സകലത്തിലും ഹിസ്കിയാവ് അവരെ കാണിക്കാത്ത ഒരു വസ്തുവും ഇല്ലായിരുന്നു അപ്പോൾ എശയ്യ പ്രവാചകൻ ഹിസ്കിയ രാജാവിന്റെ അടുക്കൽ വന്ന് അവനോട് ഈ പുരുഷന്മാർ എന്തു പറഞ്ഞു അവർ എവിടെ നിന്ന് നിന്റെ അടുക്കൽ വന്നു എന്ന് ചോദിച്ചതിന് ഹിസ്കിയാവോ അവർ ഒരു ദൂരദേശത്തുനിന്ന് ബാബേലിൽ നിന്ന് തന്നെ എന്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അവർ നിന്റെ രാജധാനിയിൽ എന്തെല്ലാം കണ്ടു എന്ന് ചോദിച്ചതിന് ഹിസ്കിയാവ് എന്റെ രാജധാനിയിൽ ഉള്ളതൊക്കെയും അവർ കണ്ടു എന്റെ ഭണ്ണാരത്തിൽ ഞാൻ അവരെ കാണിക്കാത്ത ഒരു വസ്തുവുമില്ല എന്നുത്തരം പറഞ്ഞു അപ്പോൾ എഷയ്യാവ് ഹിസ്കിയാവിനോട് പറഞ്ഞത് സൈന്യങ്ങളുടെ യഹോവയുടെ വചനം കെട്ടുകൊള്ളുക നിന്റെ രാജധാനിയിൽ ഉള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്നുവരെ ശേഖരിച്ചു വെച്ചിട്ടുള്ളതും ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് എടുത്തുകൊണ്ടുപോകുന്ന കാലം വരുന്നു നീ ജനിപ്പിച്ചവരായി നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിന്റെ പുത്രന്മാരിലും ചിലരെ അവർ കൊണ്ടുപോകും അവർ ബാബേൽ രാജാവിന്റെ രാജധാനിയിൽ ഷണ്ണന്മാരായിരിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു അതിന് ഹിസ്കിയാവ് യശയ്യാവോട് നീ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ വചനം നല്ലത് എന്ന് പറഞ്ഞു എങ്കിലും എന്റെ ജീവകാലത്ത് സമാധാനവും സത്യവും ഉണ്ടായിരിക്കുമല്ലോ എന്നും അവൻ പറഞ്ഞു